അറബികളുടെ ചരിത്രമാണ് അല്ലെങ്കിൽ ജാഹലിയ കാലഘട്ടത്തിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത് അറബികളിൽ ഷിർക്കു വ്യാപകമായി നിലനിന്നിരുന്നുവെങ്കിലും അവർക്കിടയിൽ വിരലിലുണ്ടാവുന്ന ചില ആളുകൾ അബ്രാഹിം നബി അലി വസ്സലാമിന്റെ മാർഗം പിൻപറ്റിയിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു വിരലിലുണ്ടാവുന്ന ചില ആളുകൾ അതിൽ ചില ആളുകളുടെ ചരിത്രം ഇഷാ അള്ളാ സാഹ് അലൈസ് ചരിത്രം കടന്നുപോകുമ്പോൾ ഇങ്ങനെ ചില ആളുകളുടെ ചരിത്രം ഇഷഅ അള്ളാ അത് വഴിയെ വരുന്നതാണ് എന്നാൽ ജാഹലിയ കാലഘട്ടത്തിൽ ജീവിച്ചു മരണപ്പെട്ട തൗഹൈദിൽ നിലകൊണ്ടിരുന്ന അള്ളാഹുബന് മാത്രം ഇവാദത്ത് ആളുകളിൽ ഒരാളാണ് ചില റിവായത്തുകളിൽ കാണാം ചില ഹദീസുകളിൽ കാണാം അതിൽ ചില അഭിപ്രായങ്ങളുണ്ട് സയ്യബ് അഹുഉമ്മത്തൻ അദ്ദേഹം ഒരു ഉമ്മത്തായി അദ്ദേഹം ഒരാൾ മാത്രം ഒരു സമൂഹമായി നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് ചില റിവായത്തുകളിൽ കാണാം സയ്ഫൈ അദ്ദേഹത്തിന്റെ ചരിത്രം ജാഹ്ലിയ കാലഘട്ടത്തിൽ അറിയേണ്ട ചരിത്രങ്ങളിലൊന്ന് അബ്ദുലാ ഹബിൻ റദിഅു അദ്ദേഹത്തിന്റെ ഹരീദിൽ ചരിത്രം കാണാം അതിപ്രകാരമാണ് അദ്ദേഹം മക്കയിലായിരുന്ന കാലഘട്ടത്തിൽ മക്കാർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്നതിനൊന്നും സത്യമില്ല എന്ന് തോന്നാൻ തുടങ്ങി ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നത് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായ കാര്യങ്ങളിലൊന്നാണ് കേവല ബുദ്ധിയുള്ള പോലും അത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം കേൾക്കുകയില്ല കാണുകയില്ല സംസാരിക്കുകയില്ല ആ വിഗ്രഹത്തെ തന്നെ മനുഷ്യനാണ് മാത്രമല്ല മിക്ക സന്ദർഭങ്ങളിലും മുഷിരിക്കുകൾ ആരാധിക്കുന്നത് വളരെ മോശം കാര്യങ്ങളെയായിരിക്കും പറയാൻ പറ്റാത്ത ചിലപ്പോഴൊക്കെ പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളെയായിരിക്കും മുഷിരിക്കുകൾ ആരാധിക്കുക അതൊരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുകയാണെങ്കിൽ അതിൽ വലിയ പാഠമുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതിൽ തന്നെയുണ്ട് ജെയ്ത് ബ്രഹ്മർ അദ്ദേഹം സത്യം അന്വേഷിച്ചുകൊണ്ട് ഷ്യാമിലേക്ക് യാത്ര പോയി അങ്ങനെ ഒരു യഹൂദനായ ഒരു പുരോഹിതൻ ആ പുരോഹിതനെ ജെയ്ത് കണ്ടുമുട്ടി അദ്ദേഹം ചോദിച്ചു ഇന്നിലി അധീന ഞാൻ സത്യം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ദീനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ നിങ്ങളുടെ ദീനിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് നിങ്ങളുടെ ദീനുസരിച്ച് ജീവിക്കാവുന്നതാ അപ്പോൾ ഈ പുരോഹിതൻ അയാൾ പറഞ്ഞു ഞങ്ങളുടെ ദീൻ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപം അതിൽ നിന്നൊരു പങ്ക് ലഭിക്കാമെന്നല്ലാതെ മറ്റൊന്നും നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല പുരോഹിതൻ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഈ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അള്ളാഹു അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നൊന്നും തന്നെ എനിക്ക് താങ്ങാൻ സാധിക്കുകയില്ലു എങ്ങനെയാണ് എനിക്കതിന് സാധിക്കുക സുഭാൻ ഒരു മനുഷ്യർ അള്ളാഹു അയാൾക്ക് നൽകിയാൽ അയാളുടെ ഹൃദയം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും അള്ളാഹുവിന്റെ കോപം അതെങ്ങനെയാണ് എനിക്ക് താങ്ങാൻ കഴിയുക ആരാണ് അയാൾക്കും അത് പഠിപ്പിച്ചു കൊടുത്തത് ഒരാളുമില്ല എങ്ങനെയാണ് എനിക്കത് സാധിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റേതെങ്കിലും വഴി നീ പറഞ്ഞു തരുമോ അപ്പോൾ യഹൂദനായ പുരോഹിതനായാൽ പറഞ്ഞു ഹനീഫൻ ഹനീഫിയത്തിന്റെ മാർഗം ബ്രാഹിം നബിയുടെ മാർഗം ആ മാർഗമാകാനാണ് കൂടുതൽ സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗം ഹനീഫിയത്തിന്റെ മാർഗമാകാനാണ് സാധ്യത സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ എന്താണ് ഹനീഫിയെന്ന് പറഞ്ഞാൽ മാർഗമാണത് എല്ലാ ദിവസങ്ങളിലും അള്ളാഹു സുന്നത്തിൽ വന്നതുപോലെ നമ്മക്കൊണ്ട് അത് പറയിപ്പിക്കുന്നുണ്ട് ഇസ്ലാം ബിയുടെ മാർഗത്തിലേതാ ഞാൻ നേരം പുലർന്നിരിക്കുന്നു അദ്ദേഹം ഹനീഫ് ആയത് എന്താണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഹനീഫ് എന്ന് പറഞ്ഞാൽ ഒരിത്തിരി മുടന്തുള്ളയാൾക്കാണ് ഹനീഫ് എന്ന് പറയുക മുടന്തുള്ളയാൾക്കൊരു പ്രത്യേകതയുണ്ട് അയാൾ എപ്പോഴും ചെല്ലു നടക്കുക ഒരു ഭാഗത്തേക്ക് അയാൾക്ക് ചെരിവുണ്ടായിരിക്കും അബ്രാഹിം നബി ഹനീഫ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ തൗഹൈദിലേക്കുള്ള ചെരിവുകൊണ്ട് അദ്ദേഹം എപ്പോഴും തൗഹൈദിലേക്ക് ചെരിഞ്ഞു നിന്നു ഷിർക്കിന്റെ ഭാഗത്തേക്ക് അദ്ദേഹത്തിന് ഒരു ലാഞ്ചന പോലും ചെരിയാൻ കഴിഞ്ഞില്ല വലതുഭാഗത്ത് കാലിന് മുടന്നുള്ളയാൾ അയാൾക്ക് ഇടതുഭാഗത്തേക്ക് ചെരിയുക എന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് അയാൾ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ അത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അയാൾ എപ്പോഴും വലത്തോട്ട് ചെരിഞ്ഞായിരിക്കും ഒരു ഹനീഫ് എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്രകാരമായിരിക്കും അയാൾ എപ്പോഴും തവഹീദിലേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരിക്കും ഷിർഖിന്റെ ഒരു ലാഞ്ചന പോലും അയാളുടെ ജീവിതത്തിൽ വരില്ല അള്ളാഹു പറഞ്ഞതെല്ലാം അയാൾ അനുസരിക്കും അയാളാണ് ഹനീഫ് അതുകൊണ്ടാണ് ഇബ്രാഹിൻ അലിസ്വലാം ഏതെങ്കിലും ഒരു കൽപ്പന അള്ളാഹു പറഞ്ഞത് ഒരു നിമിഷം പോലും അദ്ദേഹം പിന്തിച്ചതായി കാണാൻ സാധിക്കില്ല അത് തവഹീദിന്റെ പൂർണ്ണത കാരണത്താലാണ് ഒരു കൽപ്പന പോലുമില്ല അബ്രാഹി നബി അപ്പോൾ തന്നെ നടപ്പിലാക്കാത്തത് ഹദീസുകളിൽ കാണാം എഹ്തസന ഇബ്രാഹിം നബി അലിസ്സലാം വഹു അബുനുസ് എൺപത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം നടത്തിയത് ഹിതാനെന്ന് പറഞ്ഞാൽ ചേലാകർമ്മം എൺപത് വയസ്സുള്ളപ്പോൾ പ്രായം ഇത്രയുണ്ട് ആ കാലഘട്ടം എന്താണ് ഇന്നത്തെ പോലെ ചേലാകർമ്മത്തിന് ആധുനിക സൗകര്യങ്ങളോ ഒന്നുമില്ല ചില രൂപായത്തുകളിൽ കാണാം അബ്ദുൽ കദൂം മഴ കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് എത്ര വേദന ഉണ്ടായിരിക്കും എൺപത് വയസ്സിൽ അള്ളാ അതിനെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ഖുർആനിൽ അള്ളാഹു പറഞ്ഞു നബി അള്ളാഹു ചില വാക്കുകൾ കൊണ്ട് പരീക്ഷിച്ചു എന്നത് ഈ പറഞ്ഞതിനെ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം എന്തൊരു പരീക്ഷണമാകട്ടെ അബ്രാഹി നബി അത് ചെയ്തിട്ടുണ്ട് അതാണ് ഹനീഫ് ഈ ഹനീഫിന്റെ മാർഗം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുക എന്താ ഹനീഫിയ അതാകുന്നു സത്യത്തിന്റെ വഴി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് യഹൂദർക്കും നസറാനികൾക്കും അറിയാമായിരുന്നു യഹൂദരും നസ്റാനികളും ഇബ്രാഹിം നബിയെ പ്രത്യേകം ആദരിച്ചിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഖുർആാനിൽ പലപ്പോഴും അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിം ഹനീഫ എന്ന് നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിൻപറ്റുക എന്ന് പറയാനുള്ള കാരണങ്ങളിലൊന്ന് യഹൂദർക്കും നസ്വറാനികൾക്കും ഇബ്രാഹിം നബി ആദരിക്കപ്പെട്ടവനാണ് മക്കയിലെ മുഷിരിക്കുകൾക്കും അങ്ങനെയാണ് ഇബ്രാഹിമിന്റെ മാർഗം ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കലല്ലായിരുന്നു അതെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അതറിയാം ഇബ്രാഹിം നബി ഒരിക്കലും വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇബ്രാഹിം നബി അദ്ദേഹത്തെക്കാൾ ശ്രട്ടനാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം അബ്രാഹി നബിയേക്കാൾ തവഹൈദിൽ കണിഷതയുണ്ടായിരുന്നു നമ്മുടെ റസൂലിന് എല്ലാ കാര്യത്തിലുംബി സല്ലാഹു അലൈഹി വസ്ലം ഏറ്റവും മുൻപന്തിയിലായിരുന്നു എന്നിട്ടും ഇബ്രാഹിം നബിയെ എടുത്തു പറയാനുള്ള കാരണം ഇതാണ് ബ്രാഹിം നബി അലി സലത്തു വസ്സലാം ആദരിക്കപ്പെട്ടിരുന്നു അത് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ഹിഗ്മത്തുകളിലൊന്നാൻ ദാവത്തിൽ കാണിക്കേണ്ട ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് അവർക്ക് പോലും ആദരണീയനാണ് ഇബ്രാഹിം അലൈഹുലാത്തു വസ്സലാം ശരി ഇബ്രാഹിം നബിയുടെ മാർഗമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു അങ്ങനെ സെയ്ദ് അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ ഹനീഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തു അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാ അങ്ങനെ സെയ്ദ് അബുറു അദ്ദേഹം ഒരു നസറാനിയായ പുരോഹിതന്റെ അടുക്കൽ കുടിച്ചു അയാളോട് ചോദിച്ചു നിങ്ങളുടെ മതത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം സത്യമാണെങ്കിൽ ആ മതം എനിക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അസ്രാനിയായ പുരോഹിതൻ അയാൾ പറഞ്ഞു ഞങ്ങളുടെ ദീൻ നീ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്നൊരു പങ്ക് നിനക്ക് ലഭിക്കുക എന്നതല്ലാതെ മറ്റൊന്നും നിനക്ക് ലഭിക്കാൻ പോകുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്നല്ലാതെ മറ്റെന്തിൽ നിന്നാണ് ഞാൻ ഓടുന്നത് അള്ളാഹുവിന്റെ ശാപം എനിക്ക് താങ്ങാൻ കഴിയുകയില്ല എനിക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ശാപം താങ്ങാൻ സാധിക്കുക അതുകൊണ്ട് സഹൽ തെതു അൽ വേറെന്തെങ്കിലും കാര്യം നിനക്ക് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ അദ്ദേഹവും യഹൂദനായ പുരോഹിതൻ പറഞ്ഞുകൊടുത്തതുപോലെ തന്നെ പറഞ്ഞു ഹനീഫായ മാർഗമുണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ഇത് കേട്ടപ്പോൾ അദ്ദേഹം ഷ്യാമിൽ നിന്ന് തിരിച്ചു മക്കയിലേക്ക് പുറപ്പെട്ടു ഷ്യാമിൽ നിന്ന് പുറത്തേക്ക് കടന്നപ്പോൾ അദ്ദേഹം കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അള്ളാഹു അല്ലാഹുവേ ഞാനിതാ ഇബ്രാഹീമിന്റെ മതത്തിലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുകയുണ്ടായി അദ്ദേഹം ഹനീഫിയാക്കളിൽപ്പെട്ടയാളാണ് ഞാൻ അറിയപ്പെട്ടയാളാണ് ജയ്ദിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞതായി കാണാം നബി സാഹു അലിഹുസം അവിടുന്ന് നബി ആക്കപ്പെടുന്നതിന് മുൻപ് കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരു സദസ്സേ വെച്ച് അങ്ങനെ അവർക്ക് മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നു ആടിനെ അർത്ത് അത് പാചകം ചെയ്തു കൊണ്ടുവച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു <imitufficient> to to ും നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറക്കുന്ന മാംസം അത് ഞാൻ ഭക്ഷിക്കുകയില്ലാഹി അലൈഹി അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അറച്ചതെല്ലാരും ഞാൻ ഭക്ഷിക്കുകയില്ല ഈ സന്ദർഭം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അലൈഹി വസ്ല്ലം ജയ്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ ാഹു അലി വസ്ലം നബിയാക്കപ്പെടുന്നതിന് മുമ്പ് ജയ്ദ് മരണപ്പെടുകയാണ് ഉണ്ടായത് അസ്മിൻ ഗുബക്കർ അള്ളാഹു അനഹുവിന്റെ മകൾ ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം മക്കയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് കാബയുടെ അടുക്കൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറയുമായിരുന്നു നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്ന ഈ ആട് അതിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാൻ ഈ ആട് അതിനെ പടച്ചത് അഹു ആകാശത്ത് നിന്ന് അതിനു വേണ്ടി വെള്ളമറക്കി കൊടുത്തത് അള്ളാഹുവാൻ അതിനു വേണ്ടി ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിച്ചു നൽകിയത് അള്ളാഹുവാൻ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുക എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു മാത്രമല്ല ജയ്ദ് അബ്ദർ അദ്ദേഹം മുന്നൂറിലധികം പെൺകുട്ടികൾ അവരെ അറക്കാൻ പോയ പിതാക്കന്മാരിൽ നിന്ന് വാങ്ങിച്ച് അവരുടെ ചെലവ് നോക്കി നടത്തി പ്രായമായാൽ പിതാക്കളെ തിരിച്ചേൽപ്പിക്കുമായിരുന്നു ആരെങ്കിലും ദാരിദ്ര്യം പേടിച്ച് മക്കളെ അറുക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അദ്ദേഹം അവിടേക്ക് ചെല്ലും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ചിലവ് ഏറ്റെടുക്കാം കുട്ടിയോട് അങ്ങനെ ആ കുട്ടിയുമായി അദ്ദേഹം തിരിച്ചുവരും എന്നിട്ട് ആ കുട്ടിയുടെ ചിലവെല്ലാം നോക്കി പ്രായമായി കഴിഞ്ഞാൽ ഈ കുട്ടിയുമായി തിരിച്ചു ചെല്ലും എന്നിട്ട് പിതാവിനോട് പറയുന്ന നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഞാൻ വളർത്തിക്കൊണ്ട് ഞാൻ നോക്കിക്കോളാം ഇവളുടെ കാര്യങ്ങൾ അങ്ങനെ മുന്നൂറിലധികം പെൺകുട്ടികൾ അദ്ദേഹം നോക്കിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈ ചരിത്രത്തിൽ ഇത്രയും പറഞ്ഞതിൽ തന്നെ ധാരാളക്കണക്കിന് പാഠങ്ങളുണ്ട് ചില പാഠങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് ജാഹലി ആ കാലഘട്ടത്തിന്റെ ചിത്രം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഈ കാലഘട്ടത്തിലാണ് നബിസ്ഹു അലൈഹു വസ്സലം ജീവിച്ചത് സുഹാൻ എല്ലാ ചേറുകളുമുള്ള സമൂഹത്തിൽ അവിടുത്തെ ശരീരത്തിൽ ഒരു ചെറിയ ചേർ പോലും അലിഞ്ഞു ചേർന്നിരുന്നില്ല അവിടുത്തെ സ്വഭാവത്തിൽ അതിൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല അർഹമുറാഹിമീൻ ആയിരുന്നു അവിടെ നിന്ന് അള്ളാഹു സുഹാൻഹു ആലോചിച്ച് നിർത്തിയാൽ ഏറ്റവും കാരുണ്യമുള്ളയാൾ അള്ളാഹുവിനെ ഒഴിച്ചു നിർത്തിയാൽ സുഹാൻ അള്ള ഏറ്റവും പരിശുദ്ധരായിരുന്നു അവിടെ നിന്ന് അവിടുത്തെ ജീവിതത്തിൽ അവിടെ നിന്ന് ഒരിക്കൽ പോലും മദ്യം കഴിച്ചില്ല വ്യഭിചരിച്ചില്ല കളവ് പറഞ്ഞില്ല മോഷ്ടിച്ചില്ല ഹറാമായത് ഭക്ഷിച്ചില്ല ശരിക്ക് ചെയ്തില്ല ഏറ്റവും ശുദ്ധമായ ജീവിതം അദ്ദേഹത്തെ പോലെ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ ഈ ശുദ്ധിയിൽ തന്നെ ജീവിച്ചയാളായിരുന്നു അബൂബി അള്ളാഹു അദ്ദേഹം ചെയ്തിരുന്നില്ല വൃത്തികേടുകൾ ചെയ്തിരുന്നില്ല അതുപോലെ ഇസ്ലാമിലും വിഭജരിച്ചിട്ടില്ല ഇങ്ങനെ ചില ആളുകൾ അവിടെ ജീവിച്ചിരുന്നു ഇന്നെത്രയാളുകളാണ് അവരുടെ ഹറാമുകൾക്ക് തങ്ങളുടെ ചുറ്റുപാടുകൾ ന്യായീകര ന്യായീകരണമായി കാണിക്കുന്നത് ചില ആളുകളോട് ഹറാമിൽ നിന്ന് വിട്ടു പറഞ്ഞാൽ അവർ പറയും എന്റെ ചുറ്റുപാട് ഇങ്ങനെയാണ് എന്റെ കൂട്ടുകാരിങ്ങനെയാണ് എന്റെ സമൂഹം ഇങ്ങനെയാണ് എന്റെ വീട്ടുകാരിങ്ങനെയാണ് എന്റെ ഹോസ്റ്റലിൽ ഇങ്ങനെയാണ് എന്റെ കോളേജിൽ ഇങ്ങനെയാണ് സുഹാൻ നമ്മുടെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം അവിടുന്ന് ജീവിച്ച സമൂഹമാണിത് എന്നിട്ട് അവിടെ ഏറ്റവും പരിശുദ്ധരായിരുന്നു അള്ളാഹുവിന്റെ തോഫിയക്കുണ്ടെങ്കിൽ നമുക്കും ഇത് സാധിക്കാത്ത കാര്യമല്ല ഒന്നാമത്തെ പാഠം അതാൻ രണ്ടാമത്തെ പാഠം ഒരു സമൂഹം അവർ നശിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും വലിയ കാരണം ഷിർക്കാൻ ഷിർക്കാൻ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോടുള്ള ആരാധന ഏത് സമൂഹത്തിൽ ആവർത്തിച്ച് നടപാടുമ്പോഴും നമ്മളൊക്കെ അതിനെതിരെ പ്രതികരണങ്ങളെ ഉള്ളു ഇന്നയാൾക്ക് നീതി ലഭിക്കണം ജസ്റ്റിസ് ഫോർ അവിടെ പല പേരുകൾ മാറി മാറി വരുന്നു യഥാർത്ഥത്തിൽ പ്രശ്നത്തിനുള്ള പരിഹാരം തൗഹൈദാണ് കുട്ടികളെ കുഴിച്ചു സമൂഹത്തിൽ റസൂ അള്ളാഹി സാഹു വലൈസ് എഴുന്നേറ്റം എന്ന് പറഞ്ഞത് തൗഹൈദാണ് കുട്ടികളെ കുഴിച്ചു എന്നല്ല ആദ്യം പറഞ്ഞത് മദ്യപിക്കരുത് എന്നല്ല വ്യഭിചരിക്കരുത് എന്നല്ല പരിഹാരം ശുരുക്കാനല്ല പ്രശ്നങ്ങളുടെയും കാരണം ചിന്തിക്കുകയാണെങ്കിൽ അതാർക്കും ബോധ്യപ്പെടും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമല്ലാതെ മറ്റൊന്നും മനുഷ്യരെ വൃത്തികേടുകളിൽ നിന്ന് തടയില്ല മറ്റൊന്നും എത്ര വലിയ പോലീസ് സംവിധാനം എത്ര വലിയ ഭരണ സംവിധാനം ഉണ്ടായാലും ആ പാഠം ജാഹലിയ കാലഘട്ടം നമുക്ക് നൽകുന്ന പാഠങ്ങളിലൊന്നാണ് മൂന്നാമത്തെ കാര്യം ജാഹലിയ കാലഘട്ടം അതിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങളിലൊന്നും ഒരു സമൂഹം അവരെ വിലയിരുത്തേണ്ടത് ആ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറബികൾ അവർക്ക് ചില നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു അവർ സത്യം പറഞ്ഞിരുന്നു വാഗ്ദാനം ബാധിച്ചിരുന്നു അതിഥികളെ ബഹുമാനിച്ചിരുന്നു പക്ഷെ അള്ളാഹു സുബാനഹു ഈ നല്ല കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം അവരെ ഒരു നല്ല സമൂഹമെന്ന് വിശേഷിപ്പിച്ചില്ല മറിച്ച് അവരെ വിശേഷിപ്പിച്ചത് ജഹലിയ സമൂഹമല്ല അള്ളാഹു പറഞ്ഞതുപോലെ ശത്രുക്കളായിരുന്ന കാലഘട്ടം നിങ്ങൾ അവർക്കണം എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു സുൽഫാൻ പറഞ്ഞു നരകത്തിന്റെ വക്കിലായിരുന്നു അള്ളാഹു നിങ്ങൾ അതിൽ നിന്ന് രക്ഷിച്ചു നിങ്ങൾ ആ സമൂഹത്തെ വിശേഷിപ്പിച്ചത് ജാഹലിയ സമൂഹം എന്നാണ് കാരണം എന്താണ് ഈ വൃത്തികേടുകൾ അവരിൽ നിലനിന്നിരുന്നതുകൊണ്ട് ഇന്ന് ആളുകൾ സമൂഹത്തിലുള്ള പറഞ്ഞാൽ അവർ പറയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഈ ചില നന്മകളുണ്ട് നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് ഇങ്ങനെ ചില സംസ്കാരങ്ങളുണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട ചില നന്മകളുണ്ടായതുകൊണ്ട് ഒരു സമൂഹത്തെ നല്ല സമൂഹമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല ഒരു സമൂഹം നല്ല സമൂഹമാകണമെങ്കിൽ ആ സമൂഹത്തിൽ നന്മകൾ കൂടുതൽ ഉണ്ടായിരിക്കണം തിന്മകൾ കുറഞ്ഞിരിക്കണം അപ്പോഴാണ് ആ സമൂഹം നന്മയുടെ സമൂഹമായി മാറുക നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹത്തെ വിലയിരുത്താൻ നമ്മളെ ഇത് സഹായിക്കാതിരിക്കുകയില്ല അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടം നൽകുന്ന പാഠങ്ങളിലൊന്ന് അള്ളാഹു സുബാനുഹുത്തെ ആല അവനൊരു സുന്നത്തുണ്ട് അള്ളാഹുവിന്റെ സുന്നത്ത് സുന്നത്തില്ല ഒരു മാറ്റവും ഇല്ലാത്ത സുന്നത്ത് അതിരാൻ എത്രയെല്ലാം ഇരുട്ട് പരന്നാലും എത്രയെല്ലാം തിന്മകൾ നിറഞ്ഞാലും അള്ളാഹു സുഹാനഹുത്തെ ആല അതിനൊരു അവസാനം നിശ്ചയിക്കും അള്ളാഹു അതിനൊരു മാറ്റം നിശ്ചയിക്കും ഒരിക്കലും പ്രതീക്ഷയില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ല ചരിത്രത്തിലേറ്റവും വൃത്തികെട്ട സമൂഹത്തെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് അബി സല്ലാഹു അലി വസ്ല്ലം ചരിത്രത്തിലെ ഏറ്റവും നല്ല സമൂഹമാക്കി നിങ്ങൾ അതിൽ അത്ഭുതത്തെ ചിന്തിച്ചു അത്ഭുതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ലോക ചരിത്രത്തിൽ ഏറ്റവും മോശം സമൂഹം ആ സമൂഹം ഇരുപത്തിമൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപാണ് റസോഹി സല്ലാഹു അലി വസ്ല്ലം ഓഫാത്താകുന്നതിന് ഇരുപത്തിമൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല സമൂഹം ഏറ്റവും നല്ല സമൂഹം അവർ ഈ ഇരുപത്തിമൂന്ന് കൊല്ലങ്ങൾക്കിടയിലാണ് സുഭാൻ ഇരുപത്തിമൂന്ന് കൊല്ലം അപ്പോൾ നമ്മുടെ ആരുടെയും പ്രതീക്ഷ നഷ്ടപ്പെടാൻ പാടില്ല സമൂഹം ഈ സമൂഹം ഇനി നന്നാവില്ല എന്ന ചിന്ത ഒരിക്കലും ഒരാളുടെ മനസ്സിൽ വരാൻ പാടില്ല അള്ളാഹുവിനൊരു സുന്നത്തുണ്ട് അള്ളാഹുവിനൊരു ചര്യുണ്ട് അവനൊരിക്കലും അവസാനിപ്പിച്ചിട്ടില്ലാത്ത മാറ്റം വരുത്താത്ത ചര്യയാണ് സമൂഹം മാറിമറിഞ്ഞുകൊണ്ടിരിക്കും നന്മയുണ്ടാകും തിന്മയുണ്ടാകും എല്ലാത്തിനും മാറ്റമുണ്ടാകും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ അള്ളാഹു രണ്ടു തവണ അത് പറഞ്ഞിട്ടുണ്ട് അറബി ഭാഷാ നിയമം അറിയുന്നവർക്കറിയാം അവിടെ പ്രയാസം എന്ന പദം ഒരു തവണയാണ് ഉപയോഗിക്കപ്പെട്ടത് ഭാഷാപരമായി എന്നാൽ എളുപ്പമെന്ന പദം രണ്ടു തവണ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് എളുപ്പം ഒരു പ്രയാസത്തോടൊപ്പമുണ്ട് അതുകൊണ്ട് മുസ്ലിംങ്ങളെ ആരോടാകട്ടെ നമുക്ക് പറയാനുള്ളത് ഇതാണ് എന്തെല്ലാം പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്നുണ്ടെങ്കിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാം ഇവിടെ കാണുന്നുണ്ടെങ്കിലും അള്ളാഹു ഇതിനൊരു മാറ്റം കൊണ്ടുവരും അള്ളാഹു സുഭാനുഹൂ നാം പരിശ്രമിച്ചാൽ അതിന് ഫലം നൽകും ഒരു നല്ല സമൂഹത്തെ നമ്മുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന് ഉയർത്തെ നൽപ്പിക്കാൻ കഴിയും ഇന്ന അല്ലാഹു അലക്കുൽ ഖദീർ അള്ളാഹു സുബാനുഹുത്തെ ആല എല്ലാത്തിനും കഴിവുള്ളവനാണ് അടുത്താഹു അലഹി വസ്ല്ലമയുടെ ജനനവും അവിടുത്തെ വാഹി ലഭിക്കുന്നതിന് മുൻപുള്ള അവിടുത്തെ ജീവിതവുമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭാഗം നിങ്ങൾ ഓർമ്മയിൽ വെക്കുകയും നമ്മുടെ മനസ്സിൽ മറക്കാതെ പഠിക്കുന്ന രൂപത്തിൽ മാറ്റിവെക്കുകയും ചെയ്യണം അള്ളാഹു സുബാനുഹത്തെ ആല റസുലാഹി സാഹു അലഹി വസ്സല്ലമയെ കുറിച്ചും അവിടുത്തെ ജീവിതത്തെ കുറിച്ചും കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും نعم كي وركم توفيق نلغي انكره كمارا غته وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم